ശിവസമാരംഭാദ് ഗുരുപരംപരാ മൃതി പുരാണി ഭഗവത്പാദരം ശോത്രോ വേ ഭഗവന്തോ പുനഃ ഗുരുരണേ ക്ഷിണാമ യാതിണോമാണോ ഭ്രാണസ്വസാര്യണോബ്രാമണിതരം മാതരം ഭതരം വസാരം ആചാര്യം ബ്രാഹ്മണം വൃശ്ശമേനു പൈത്ത മാതൃ വൈത്തമസി ഭത്ര വൈട്ടുമീ ശ്രൈത്മസി ആചാര്യ വൈത്തുമസി ബ്രാഹ്മണ വൈത്തുമസീതി അതേന അനുക്രാണ ശൂലിന സമാസം യു സന്തേ പ്രയുഃ ആസീതി നതൃ ആ സീതി നാതൃ ആ സീതിസീതിചാര്യതി നമീതി പ്രണുഖേ വേദന സർവാരി സമാശൈവം പശ്യം മണ്വാം വിജാന സംസേ അതിവാദ്യസീതിവാദ്യസ്മീതി ബ്രൂയാ നീതദതി യസത്യവദതി സോഹം ഭഗവസത്തിനധിതീതി സത്യം ദിവസം യഥാർത്ഥി വിജാ സത്യം വലതി ന സത്യം വദതി വിജന സത്യം വലതി വിജ്ഞാന വിജിജ്ഞാസിവ്യം കിജാസൈതി വൈ മനുഷ്യ മദ വിജനതി നമുതി മതി മതസ്ഥ വിജിജ്ഞാസിതൃതി മതി ഭഗോവിജിജാസൈതി യ വൈ ശ്രദ്ധാതി അഥ മനുത്തെ നദ്ധൻ മനുത്തെ സദ്ദ ദ മനുത്തെ ശ്രദ്ധ ത്വജിത് വേദി ശ്രദ്ധോജിജാസൈതിഷതി അഥ ശ്രദ്ദാതിനിഷൻ ശ്രദ്ധാതി നിഷന്നേവ ജിജ്ഞാസിതിഷ്ടോജിജാസൈ കോതിഥതി നൃത്ത നിസ്തിഷത്തിവ നിതി കൃതിസ്വൈവ വിജിജ്ഞാസിതിഗവോ വിജിജ്ഞാസാ വൈ സുഖം ലഭ്യകോതി ിജ്ഞാസിതിസുഖം നുഖമർത്തി ഭൂമൈവസുഖൂമാാസി ഭൂമാനം ഭഗവോ ജിജ്ഞാസ്പശ്യത്തി നൃോോതി നാണതി സൂമാ അഥയ പശ്യത്തി അന്യശണോതി അന്യദ്വിജനതി തദ്ദപം യോ വൈ ഭൂമാദമൃതം അഥയൽപ്പം തന്മർത്തി കിൻപ്രതിഷ്ത സേ മഹിമനി മഹിമനി െ കുറിച്ച് പറഞ്ഞപ്പോ <songs> <íamos> <teaching> <persever potato> <op>. ബ്രഹ്മാതിസ്തംഭപര്യന്ത സിഹി ജഗത പ്രാണാത്മഹം ബ്രഹ്മാതി സ്തംഭപര്യന്തം വരെയുള്ള ജഗത്തിന്റെ പ്രാണൻ ആ പ്രാണൻ അഹം ഇവിടെ ആത്മാവായിട്ട് എന്നാ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയണം പ്രാണം സർവാതിശയമായിരിക്കുന്ന പ്രാണൻ സ്വം ആത്മാനം സർവാത്മാനം അത് സ്വസ്വരൂപണത് സർവസ്വരൂപമാണ് ഒന്ന് പ്രാണമെന്ന് പറയുമ്പോൾ പരിച്ഛന്നമായി ശരീരത്തിൽ ജീവനം നിലനിർത്തുന്ന ഒന്നു എന്നുള്ള അർത്ഥത്തിലല്ല അത് സർവാതിശയമാണ് എന്താണ് എൻ്റെ സർവാതിശയത ഒന്ന് സ്വമാത്മാവാനും അത് സ്വസ്വരൂപമാണ് മറിച്ച് സർവാത്മാനും സർവസ്വരൂപമാണ് ആത്മാവ് തന്നെ ഇത് ശരത്വാന്നാഥ പരമസ്തി പരരാണ് ഇനി ഇതിനപ്പുറം എന്താ അറിയാനുള്ളത് ഒന്ന് സ്വയം മനസ്സിലാക്കി നാരദൻ നിശബ്ദനായി നിശബ്ദനായി എന്ന് വെച്ചാ മുമ്പ് ഇതെല്ലാം പറയുമ്പോൾ അവിടെ ചോദിക്കും ഭൂയ വി ആശായ ഭഗവാൻ ദ്രവീത്തു ആശയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ആശയേക്കാൾ കൂടുതലായി എന്തെങ്കിലും ഉണ്ടോ ഉപാസിക്കാൻ എന്ന് ചോദിച്ചു കുറച്ച് പ്രാണൻ പ്രാണനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് ചോദിക്കുന്നില്ല ഒന്നും കാരണം പ്രാണനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രാണന ഉപാസനയ്ക്ക് വേണ്ടിയാണ് നിർദ്ദേശിച്ചതെങ്കിലും അതിനെ സർവാത്മാവായി പറഞ്ഞു സർവസ്വരൂപവുമായി പറഞ്ഞു മറ്റുള്ളതിന് ഒക്കെ അപേക്ഷിച്ചത് ആന്തരികവും സൂക്ഷ്മവുമാണ് അതുകൊണ്ട് അത് തന്നെ സർവാത്മാവ് താതാന്ത്മ്യൂപത്തിൽ പറഞ്ഞു അതാണ് താൻ അതാണ് സർവ്വമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നീടൊന്നും ചോദിക്കാൻ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നപ്പുർവീമസി ഭാണാഭൂയി പപ്രസ് ഇതുപോലെ പ്രാണാഭൂയ ഭഗവാ അല്ലെ ഭഗവാൻ ഈ പ്രാണനേക്കാളിനി അപ്പുറം എന്തെങ്കിലും ഉണ്ടോ ഉപാസിക്കാൻ അങ്ങനെ ചോദിച്ചില്ല യഥാമുസവാദനം ആത്മാനം മനുഷ്യനം യോഗ്യം ഇത് വികാരം ാണൻവരെ എത്തിയുള്ളൂ പ്രാണനാണ് സ്വസ്വരൂവും പ്രാണനാണ് സർവവും എന്ന് പറയുമ്പോൾ അതവിടെ അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ ഏദിനെയും പറയാം അതാണ് സർവുമതാണല്ലോ സർവതാണെങ്കിൽ ഏതിനെയും അതായിട്ട് ബോധിപ്പിക്കാമെങ്കിൽ ാമരൂപാത്മകമായി കാണുന്നതെല്ലാം അനുതമാണ് അസത്യമാണ് മിഥ്യയാണ് എന്ന് പറയേണ്ട കാര്യം വരുന്നില്ല ഒന്ന് പറഞ്ഞാൽ മതി ഇന്ന് രണ്ടും പറയും ഒന്ന് പറയുന്നതല്ല അതാണ് മറ്റൊന്ന് പറയുന്നു നാമരൂപാത്മകമായി ഒന്ന് സത്യമല്ല എന്താ രണ്ടും പറയുന്നത് അത് ഇതാണ് എന്താണോ ങ്ങളെല്ലാം നാമരൂപാത്മകമായി തന്നെ സത്യം ബോധിച്ചു നാമരൂപങ്ങളുടെ പരമാർത്ഥത്തെയല്ല സത്യമായിട്ടറിയുന്നു നാമരൂപങ്ങളെയൊക്കെയാണ് സത്യം എന്നറിയാനാണെങ്കിൽ അതിന് ഗുരുവിന്റെയും ആചാര്യന്റെയും ശാസ്ത്രത്തിന്റെയും ഒന്നും ആവശ്യമില്ല കാരണം എല്ലാവരും ഇതെല്ലാം അറിയുന്നുണ്ട് നാമരൂപങ്ങളും ഇതെല്ലാം സത്യമാണെന്ന് കരുതുന്നുണ്ട് ഇത്രയെല്ലാം ഉപാസന കുറിച്ച് ഉപദേശിച്ചിട്ട് വീണ്ടും വികാര അനുരുത ബ്രഹ്മവിജ്ഞാനേന പരിദുഷ്ടം വീണ്ടും വികാര ഇതൊക്കെയാണ് പരബ്രഹ്മം എന്ന് കരുതിയാൽ അങ്ങനെ തുഷ്ടനായി കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാം ശരിയായ ജ്ഞാനം കൂടാതെ തന്നെ ഒരാൾക്ക് ജ്ഞാനത്തിൽ നിന്ന് തുഷ്ടി ഉണ്ടാവാം അതൊക്കെ അവരവരുടെ സംതൃപ്തി ഒരാൾക്ക് തോന്നുകയാണ് ഇത്രയും ഇനി അറിയാനുള്ളു ഇനിയൊന്നും അറിയാനില്ല എന്ന് തോന്നിക്കഴിഞ്ഞാലും അതിൽ നിന്ന് സന്തുഷ്ടി ഉണ്ടാവും പക്ഷെ അത് പരമാർത്ഥ ജ്ഞാനത്തിൽ നിന്നുള്ള സന്തുഷ്ടിയാണ് ഇവിടെ വികാര അനുദം ബ്രഹ്മവിജ്ഞാനേന പരിദുഷ്ടം അതുകൊണ്ട് പരിദൃഷ്ടി സംഭവിച്ച് ായിക്കോട്ടെ എന്തായാലും പരിദൃഷ്ടിയാണല്ലോ ലക്ഷ്യം ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും ഒരു തുഷ്ടി ഉണ്ടാകുന്നെങ്കിൽ അത് മതിയല്ലോ പറയുന്നില്ല പരമാർത്ഥത്തെ ഗ്രഹിച്ചിട്ടുണ്ട് വേണോ പരിദൃഷ്ടി പറയുന്നു പോരാ പരമാർത്ഥത്തെ ഗ്രഹിച്ചുള്ള പരിദൃഷ്ടി തന്നെ അല്ലെങ്കിൽ എന്തൊരു അകൃതാർത്ഥം അകൃതാർത്ഥത ഉണ്ടാകുന്നു എന്തിനെങ്കിലും എങ്ങനെ എങ്കിലും ധരിച്ച് ആ ശരി ഞാൻ ബ്രഹ്മജ്ഞാനിയായി എന്ന് പറഞ്ഞാൽ അതിന്റെ അടയാളമായ കൃതാർത്ഥത അവിടെ അത് സ്വയം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ഇവിടെ ആ ഉണ്ടാകത്തില്ല ഇത്രയും കൊണ്ട് അതിനെന്തു പറയും ഇവിടെ പരമാർത്ഥ സത്യ അതിവാദിനം പരമാർത്ഥ സത്യം അതിവാദം എന്ന് പറയും പരമാർത്ഥ സത്യത്തെ ബോധിക്കാതെ തന്നെ പരമാർത്ഥ സത്യത്തെ ബോധിച്ചു ഒന്ന് കരുതുക പറയുക അതാണ് അതിവാദം ആത്മാനം മന്യമാനം താൻ ഇതിനെ അറിഞ്ഞു താൻ ഇതിനെ കുറിച്ച് വിഗ്രഹിച്ചിരിക്കുന്നുവെന്ന് സ്വന്തം ബാക്കിലൂടെ വെളിപ്പെടുത്തുന്നു പക്ഷെ യോഗ്യം ശിഷ്യൻ ഇവിടെ ശിഷ്യൻ യോഗ്യനാണ് പരമാർത്ഥത്തെ അറിയാൻ യോഗ്യനാണ് പക്ഷെ അറിയുന്നില്ല മിഥ്യാഗ്രഹ വിശേഷാൽ വിപ്രഖ്യാവയൻ ഇവിടെ മിഥ്യാജ്ഞാനം ആണ് സംഭവിച്ചിരിക്കുന്നത് നാമരൂപങ്ങളെ പരമാർത്ഥമായി ഗ്രഹിക്കുക അതേസമയം നാമരൂപങ്ങളിലെ പരമാർത്ഥയെ ഗ്രഹിക്കാതിരിക്കുക അതാണ് മിഥ്യാഗ്രഹം എന്ന് പറയുന്നത് മിഥ്യാജ്ഞാനം അത് രണ്ടും രണ്ട് കാര്യമാണ് നാമരൂപങ്ങളെ സത്യമെന്ന് ഗ്രഹിക്കുക അത് പരമാർത്ഥമെന്ന് ഗ്രഹിക്കുക അപ്പോൾ നാമരൂപങ്ങളിലുള്ള ഒരു സത്യമുണ്ട് ആ സത്യത്തെ ഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ ശരി ആ സത്യത്തെ ഗ്രഹിക്കാതെ നാമരൂപങ്ങൾക്ക് ആധാരമായിരിക്കുന്ന പരമാത്മവസ്തുവിനെ ഗ്രഹിച്ചാൽ പിന്നെ രണ്ടാമതൊന്നുമില്ല പ്രത്യേകിച്ച് നാമരൂപങ്ങളെന്ന് പറഞ്ഞൊന്നില്ല സർവ്വതും തത്സ്വരൂപം തന്നെ ഇവിടെ എങ്ങനെ ഏകാത്മബോധത്തിലല്ല ഈ നാമരൂപങ്ങളെ സത്യമായിരിക്കാൻ ഏകാത്മബോധമൊന്നും വേണ്ട ജീവന്റെ സഹജമായിരിക്കുന്ന പ്രാവൃതമായിരിക്കുന്ന ബോധത്തിൽ തന്നെ ഇതൊക്കെ സത്യം ഒന്ന് ധരിക്കും ആ ബ്രഹ്മവിദ്യയുടെ ഉപദേശത്തിന്റെ സൂക്ഷ്മതയെ ഗ്രഹിക്കത്തിൽ വികാരാനൃത ബ്രഹ്മവിജ്ഞാനം കൊണ്ട് പരിദുഷ്ടനായി ആകൃതാർത്ഥം പരമാർത്ഥസത്യ അതിവാദനം പരമാർത്ഥസത്യത്തെക്കുറിച്ച് അതിവാദമാണ് നടത്തുന്നത് ആത്മാനം യോഗ്യം ശിഷ്യം മിഥ്യാഗ്രഹ വിശേഷ വിപ്രഖ്യാപയൻ അങ്ങനെയുള്ള ആശിഷ്യനെ ആ മിഥ്യാധാരണയിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടി അഹ ഭഗവാൻ സനത് കുമാര സനത്കുമാരൻ പറയുന്നു യമഹം ഭക്ഷ്യാമി ന പ്രവിദ് അതിവാദി പരമാർത്ഥത യേശത്വാധിപദ്ധതി അങ്ങനെയാണ് മന്ത്രത്തിൽ എ സത്യ അധിപദ്ധതി യമഹം ഭക്ഷ്യാമിനാണവി അതിവാദി പരമാർത്ഥത പരമാർത്ഥത്തിൽ പ്രാണവി അതിവാദിയല്ല പക്ഷെ ഇവിടെ നാമരൂപങ്ങളാണ് സത്യം എന്ന് ധരിച്ചു കഴിഞ്ഞാൽ അത് അതിവാദിയാകും പക്ഷെ ഇവിടെ പ്രാണവിത്തനെയും പറഞ്ഞു അതിവാ അതിവാദിയെന്ന് പ്രാണവിത്ത എന്ന് പറയുന്നത് വളരെ ഉയരുന്ന നിലയിലുള്ള ഉപാസകനാണ് അങ്ങനെ ഒരുപാസകനെ അതിവാദി എന്ന് പറഞ്ഞു നാമാദ്യ അപേക്ഷ അതിവാദിത്വം നാമാദികളെ അപേക്ഷിച്ച് പറഞ്ഞു അതിവാദിയാണ് യസ്തു ഭൂമാക്യം സർവാദിക്രാന്തം തത്വം പരമാസത്യം യഥാസോ അതിവാദിത്യതാഹ പരമാർത്ഥത്തിൽ അതിവാദം എന്താണ് സാധാരണ ജീവന്മാരുടെ വധനം സാധാരണ ജീവന്മാരുടെ അനുഭവം ആ അനുഭവത്തിനനുസരിച്ചുള്ളവരുടെ വതനം പറച്ചു അതിനപ്പുറം ഉള്ളതാണ് എന്ന് പറയുന്ന അതാണ് ഞാനിയും അഞ്ജനും തമ്മിലെ വ്യത്യാസം ജ്ഞാനിയും പറയാം അതിവാദി എന്ന് പറയാം എന്തുകൊണ്ട് പരമാർത്ഥ തത്വത്തെ അപേക്ഷയാൽ പറയുമ്പോൾ അത് സാധാരണ ജീവന് അനുഭവിക്കാനും പ്രയത്നം കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് അതിവാദിയാണ് സാധാരണ ജീവനെയാണ് അതിവാ അതിവാദി എന്ന് പറയാം കാരണം അവൻ ഈ പരമാർത്ഥത്തെ അറിയുന്നില്ല പക്ഷേ നാമരൂപങ്ങളെല്ലാം സത്യമാണെന്ന് കരുതി പറയുന്നത് അതിവാദികളാണ് അതും സാറാ മറ്റുള്ളവർ പറയുന്ന പോലെയല്ല അതിവാദി എന്നുള്ളതിന്റെ ശരിയായ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനിയാണ് അതിവാദി മറ്റുള്ളവരൊന്നും അതിവാദികളില്ല നാമ തസ്യ അതിവാദിത്വം ളെ അപേക്ഷിച്ചാണ് പറയുന്നത് ഇത് പരമാർത്ഥമാണ് പരമാർത്ഥത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു പരമാർത്ഥമാണ് സർവദിനമാധാരമായിരിക്കുന്ന നാമാദ്യ അപേക്ഷ അതിവാദിക്കും അജ്ഞന്റെ അധിവാദനം എന്ന് പറയുന്നത് നാമാദികളെ അപേക്ഷിച്ചാണ് യെസ് ഭൂമാക്യം സർവാതിക്രാന്തം തത്വം പരമാർത്ഥസത്യം മേത സ്വ അതിവാദിത്യതഹ പരമാർത്ഥത്തിൽ എങ്ങനെയാണ് ഭൂമാക്യം ഇവിടെ ഭൂമ ബൃഹത്തായത് വലുത് എന്ന് പറയുന്ന സർവാതിക്രാന്തം സർവത്തെയും അതിക്രമിച്ചിരിക്കുന്ന തത്വം പരമാർത്ഥസത്യം ആ പരമാർത്ഥസത്യമാകുന്ന തത്വത്തെ ആരാണോ അറിയുന്നത് സ്വ അതിവാദി അവനാണ് വാസ്തവത്തിൽ അതിവാദി യേഷത്വ അധിപദ്ധതി സത്യേന അധിപദ്ധതി അപ്പൊ പല അർത്ഥത്തിൽ ഉപയോഗിക്കാമെന്നുള്ളതാണ് അത് അതി പക്ഷെ ഇവിടെ അധിപതനം എന്ന് പറയുന്നത് പരമാർത്ഥ സത്വത്തെ സത്യത്തെ പരമാർത്ഥത്തിൽ ഗ്രഹിച്ചിട്ട് വെളിപ്പെടുത്തുന്നവനാണ് അധിപദ്ധതി അല്ലെങ്കിൽ ഗ്രഹിക്കുന്നവനാണെന്ന് പറയാം പരമാർത്ഥത്തെ ഗ്രഹിച്ചതുപോലെ കരുതുന്നവനും പരമാർത്ഥത്തെ ഗ്രഹിച്ചിട്ട് ഗ്രഹിച്ചു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സ്വയം ഗ്രഹിക്കാതിരിക്കുന്നു അവൻ അങ്ങനെയുണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നു സ്വയം ഗ്രഹിക്കുന്നില്ല അവനും അതിവാദിയാണ് ഇപ്പൊ പരമാർത്ഥ സത്യവിജ്ഞാനവത്തയാ സ്വയം ആ പരമാർത്ഥ സത്താ വിജ്ഞാനം കൊണ്ട് ദേഷത്തുവാതി പദ്ധതി ആരാണോ അധിവാദനം ചെയ്യുന്നത് അവൻ സത്യം കാണുന്നതിനും അനുഭവിക്കുന്നതിനും പഞ്ചഭൂതാത്മകമായി അനുഭവിക്കുന്നതിനും അതീന്ദ്രിയമായിരിക്കുന്നതിനും എല്ലാം കൊടുക്കുന്ന ആ വ്യാഖ്യാനം അതിനോട് പറയുന്ന അധിപദനം അത് പലതരത്തിലും അസത്യമായിട്ടും അസത്യമായിട്ടും സത്യേന അധിപദാനി സോഹം ത്വാം പ്രപന്നോ ഭഗവൻ അല്ലയോ ഭഗവാനെ ഞാൻ അങ്ങനെ ആശ്രയിച്ചിരിക്കുകയാണ് അങ്ങനെ എന്റെ ആശ്രയം അതുകൊണ്ട് സത്യേന അധിപദാനി ഞാനിതാ സത്യത്തിലൂടെ അതിവാദനം ചെയ്യാൻ പോവുകയാണ് പരമാർത്ഥ സത്യത്തെ ഉദ്ഘോഷിക്കാൻ പോകുന്നു തഥ മാം ഭഗവാൻ യഥാഹം സത്യന അതിവദാനിന്റെ അഭിപ്രായം അതുകൊണ്ട് അങ്ങനെ നിയോഗിച്ചാലും സത്യത്തിലൂടെ അതിവേദനം നടത്തുന്നതിനുള്ള യോഗ്യത എനിക്ക് നൽകിയാലും ഞാനത് പറയാം എന്നാണ് സത്യദാനി ലോട്ട് ഞാൻ പറയാം വധാവ വധാമ ഞാനത് പറയാമെന്ന് സ്വയം പറയുന്നു യഥീവ സത്യേനാധി വതിച്ഛസി സത്യമേവ് വിജിജ്ഞാസി നാരദ തഥാസ് തർ സത്യം ഭഗവോ വിശേഷേണി തോഹമിതി ഇവിടെ നാരദൻ ശോക നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് സനത് കുമാറിനെ സമീപിക്കുന്നത് സമീപിച്ചൊക്കെ ഉപാസനകളാണ് ഉപദേശിച്ചത് നാലദനത് കേട്ടു അടുത്ത് ആ കേൾവിയിൽ നിന്നും ഉപാസനയുടെ ശ്രവണത്തിൽ നിന്നും നേരിട്ട് തത്വജ്ഞാനത്തിന്റെ ശ്രവണത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ സംശയം വരും ഈ ഉപാസനയും തത്വജ്ഞാനം തമ്മിലിടയ്ക്ക് അന്തരമൊന്നുമില്ല ഉപാസനയെക്കുറിച്ച് ഉപദേശിച്ചു ഉപാസനയെ കുറിച്ച് കേട്ടു ഉടൻ ഉപാസനയിൽ നിന്ന് തത്വജ്ഞാനത്തിലേക്ക് പോകുന്നു ഇവിടെ കാലതാമസമുണ്ടല്ലോ ഉപാസനയെക്കുറിച്ച് കേട്ടു കഴിഞ്ഞാൽ പിന്നെ ഉപാസന അനുഷ്ഠിക്കണം ഏകാന്തത്തിലിരുന്ന് ഉപാസന പരിശീലിക്കണം ആ പരിശീലനത്തിന് ശേഷം വേണ്ട യോഗ്യതകളൊക്കെ ഉണ്ടാവണം ഒടുവിൽ തത്ത് ഞാനത് പ്രാപിക്കണം അങ്ങനെയല്ലേ വരേണ്ടത് ഇവിടെ അങ്ങനെയല്ലേ തൊട്ട് മുമ്പ് വരെ ഉപാസനയെ കുറിച്ച് പറഞ്ഞ് തൊട്ടടുത്ത് വീണ്ടും ഞാനത്തെ കുറിച്ച് പറയുന്നു ഇവിടെ അന്തരം എന്തായില്ല ഉപാസന കേട്ടുകഴിഞ്ഞാൽ അത് അനുഷ്ഠിക്കണ്ടേ അതില്ലാതെ എങ്ങനെ പെട്ടെന്ന് ജ്ഞാനത്തിലേക്ക് പോകും നാലതില്ലാതെ കാണുന്നില്ലല്ലോ എന്നാണ് ഉപാസന കേട്ടത് ഉടൻ തന്നെ തത്വം ഞാനത് കുറിച്ച് വിശദീകരിക്കുന്നു ഉപാസന കുറിച്ച് കേൾക്കുന്നത് ഉപാസനയാണ് ഉപാസനയെ കുറിച്ച് പറയുന്നത് ഉപാസനയാണ് അതിന് ഭിന്നകാലം വേണമെന്നിലതിന്റെ ശ്രവണവും അതിന്റെ ഉപദേശവും രണ്ടുപാസനയാണ് ശ്രവണത്തിൽ എങ്ങനെയാണോ ഏകാഗ്രതയുള്ള ഒരു ശ്രോധാവിന്റെ മനസ്സ് ഉപാസനയിൽ ഏകാഗ്രമാണ് സ്വയം അവിടെ ഏകാഗ്രത ഉണ്ടായിരിക്കും ആ ശ്രവണത്തിൽ തന്നെ സംഭവം ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോൾ ചിലർക്ക് ക്ലാസ്സിൽ സാറ് പറയുന്നത് കേട്ടാൽ മനസ്സിലാവും ചിലർക്ക് പിന്നെ അതുപോലെ വീട്ടിൽ പോയിരുന്നു കൂടെ പഠിക്കേണ്ടി വരും എല്ലാവരും അങ്ങനെയാണെന്നില്ല എല്ലാരും വീട്ടിൽ പോയിരുന്ന് പഠിച്ച തീരുമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചാൽ തന്നെ മനസ്സിലാവും വീട്ടിൽ പോയി പിന്നെ പഠിക്കേണ്ട ആവശ്യം കിട്ടത്തില്ല അതുപോലെ ഉപാസനയുടെ കാര്യം ഉപാസനയുടെ ശ്രവണവും ഉപാസനാണ് ഉപാസനയുടെ ഉപദേശവും ഉപാസനാണ് എങ്ങനെ അറിയാം ഉപാസനയുടെ ശ്രവണത്തിൽ അന്ധക്കണ്ണത്തിന് ഏകാഗ്രത വന്നാൽ അത് ഉപാസനയാണ് ഉപാസനയുടെ ഉപദേശത്തിന് അന്ധക്കണ്ണത്തിൽ ഏകാഗ്രത വന്നാൽ അത് ഉപാസന അടുത്ത് വീണ്ടും പറയുന്നു ഞാൻ ഏകാഗ്രതയാണ് ഇതിന്റെ അടയാളമാണ് അതുകൊണ്ട് ഉപാസന കഴിഞ്ഞ നേരെ തത്വശ്രവണത്തിലേക്ക് പോകാനും കാലതാമസത്തിന്റെ ആവശ്യമുണ്ട് ശ്രീഭാസനെ കുറിച്ച് ശ്രവിച്ചു എന്നാൽ അവിടെ ഏകാഗ്രത വരുന്നില്ല എന്നൊരാൾ പറഞ്ഞാലും ശ്രവിച്ചല്ലെന്ന് ഞാൻ അടക്കമാണ് ശ്രവണ ശരി ശരിയാകുക എന്ന് പറയുന്നത് ഏകാഗ്രതയാണ് ഏകാഗ്രതയിലേക്ക് സംഭവിക്കത്തോളൂ ഇല്ലെങ്കിൽ ശ്രവണം ശരിയാകത്തോളം അതുകൊണ്ടു നാഗറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഉപാസന തുടർന്ന് തന്നെ അടുത്ത് പറയുന്നു തത്വം ഞാൻ കൂടെ നാരമാരോട് പറയുന്ന സുഖം ത്വാം ഭഗവൻ സത്യേന അധിവദാനി തഥാ മാം നീ വിനത്തു ഭഗവാൻ യഥാഹം സത്യനാധിപതാനിത്യപ്രായം അതുകൊണ്ട് അങ്ങ് ഇതുവരെ ഉപാസനെ കുറിച്ച് പറഞ്ഞു ഇനി ആ തത്വം നിഷ്ഠയെ വെളിപ്പെടുത്തൂ ഞാൻ സത്യത്തിന്റെ അധിവാദിയാകട്ടെ എന്നാ ഇതുവരെ അസത്യത്തിന്റെയും അതിവാദിയായിരുന്നിരിക്കണം പക്ഷെ ഇനി അത് പാടില്ല സത്യത്തിന്റെ അധിവാദിയാകണം ദൈവം സത്യേന അധിപതി വിശ്വസി സത്യമേവ ദു अगर आयता अग्रह उपास श्रमिक പക്ഷെ അയാളുടെ മനസ്സിന് ഏകാഗ്രത വരുന്നില്ല ഇത് പറയുന്നതുപോലെ അവിടെ നിന്ന് തുടർന്ന് തുടർന്ന് തുടർച്ചയായിട്ടടുത്ത് തത്വം ഞാൻ ഇത്തനേക്ക് പോകാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ദൈവം സത്യേനാധിപത്യത്വം ഇച്ഛസി അങ്ങനെ പോകുന്ന ജിജ്ഞാസ ഇല്ലാത്ത കൊണ്ട് തന്നെ അത് ഇച്ഛിച്ചാലത് സംഭവിക്കുന്നു ഉപാസനയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഉപാസനയ്ക്കപ്പുറം പോകണമെന്ന് ഇച്ഛിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും ആണ് സത്യനോ അധിപതും ഇച്ഛസി സത്യത്തിന്റെ അധിപതനെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ സത്യത്തെ ഗ്രഹിക്കാനും വെളിപ്പെടുത്താനും നീ ആഗ്രഹിക്കുകയാണെങ്കിൽ താവത് വിജിജ്ഞാസവിയും നാരദം പറയാനു ശരി ഞാനതിനു ശ്രമിക്കാം നാരദം പറയുക എന്ന് പറയുമ്പോൾ അടുത്ത് ഉപദേശിക്കുന്നു ഇത്തുക്തയാഹ് നാരദ തഥാസ്തുറി സത്യം ഭഗവ് വിജിജ്ഞാസേ ശരി ഞാൻ സത്യത്തെ അറിയാൻ ശ്രമിക്കാം അതിന് എനിക്ക് ആഗ്രഹമുണ്ട് വിശേഷീണ ഞാത നിശ്ചയം അതേപോലെ ഒരു ഗുരുവിനെ എനിക്ക് ഇപ്പോ കിട്ടി അതുകൊണ്ട് ഈ സത്യം അതിനെ വിജിജ്ഞാസ വിശേഷീണ ഞാത നിശ്ചയം വിശിഷ്ടമായി അപരോക്ഷമായി സംശയാദികൾ കൂടാതെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങ് വെളിപ്പെടുത്തണം അങ്ങനെന്തിനസിലാക്കണം എന്ന് പറയുന്നു അപ്പോ ഉപാസനയുടെ ശ്രവണം കൊണ്ട് ശരിയായ ഉപാസനയുടെ ഫലത്തെ ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ നിശ്ചിന്തനാകുന്നു പറഞ്ഞാൽ കൃതാർത്ഥത അവിടെ സംഭവിക്കുന്നു തത്വജ്ഞാനത്തിന്റെ ഫലം ഉപാസനയുടെ ഫലമായിട്ടവരുന്നത് കാരണം ഫലമായ ഏകാഗ്രത കൊണ്ടാണ് തത്വജ്ഞാനം സംഭവിക്കുന്നത് അതിൽ നിന്നാണ് കൃതകൃത്യത നാരദന്റെ പ്രശ്നം പരിഹരിച്ചില്ല നാരദൻ പറയുന്നത് ഞാൻ ദുഃഖിക്കുന്നുണ്ട് ദുഃഖത്തിന്റെ മറികരെ എത്തിക്കണം ഇവിടെ ദുഃഖത്തിൽ നിന്നുള്ള മോചനം വരുന്നുണ്ട് ഉപാസനം കൊണ്ടും അത് സംഭവിക്കുന്നുണ്ട് തത്വജ്ഞാനം കൊണ്ടേ അത് സംഭവിക്കത്തുള്ളൂ ഇതുവരെ പറഞ്ഞ ഓരോ ഓരോ തരത്തിലുള്ള ഉപാസനങ്ങൾ അവിടെ എന്താണ് ഓരോ ഉപാസനെ കുറിച്ച് പറയുമ്പോഴും പറയും നീ ഇതിനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക മറ്റേ ഓരോ ബ്രഹ്മമായി ഉപാസിക്കാനാ പറയും അതിന്റെ എല്ലാകത്തുകയായിട്ട് അവസാനം ബ്രഹ്മ തത്വത്തെ തന്നെ വെളിപ്പെടുത്തുന്നു അതിനുവേണ്ടി ചോദിക്കുന്നു തത്വഹം സത്യം ഭഗവതി കഥാസ്തുതർ സത്യം ഭഗവസം ഞാൻ സത്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്നു വിജേഷ വിശേഷണ ഞാൻ നിച്ഛയം സത്വാഹം ഞാൻ അങ്ങനെ സത്യത്തെ വിശിഷ്ടമായി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടത് ഉപദേശിച്ചാണ് അതിന്റെ തുടർച്ചയെ കാണിക്കുന്നു ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ആകെ ഇനി പറയാൻ പോകുന്നത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉപാസനയുടെ രീതിയിൽ പറഞ്ഞെങ്കിലിവിടെ തത്വജ്ഞാനത്തിന്റെ രീതിയിൽ വെളിപ്പെടുത്തുന്നു ഇതേയുള്ള വ്യത്യാസം റിയുകയാണെങ്കിൽ എന്നുവെച്ച സത്യത്തെ പരമാർത്ഥമായിട്ടറിയാന്ന് പറഞ്ഞാ സത്യം പരമാർത്ഥമാണല്ലോ പിന്നെ സത്യത്തെ പരമാർത്ഥമായിട്ടറിയാന്ന് പറഞ്ഞ സത്യത്തെ നാമരൂപാത്മകമായിട്ട് അറിഞ്ഞാൽ പോരാ സത്യത്തെ നാമരൂപാത്മകമായി അറിയുമ്പോൾ ഒരു തകരാറ് പറ്റും ാമരൂപങ്ങളെയെല്ലാം അറി സത്യത്തെ വിസ്മരിക്കും അല്ലെ പ്രപഞ്ചത്തിൽ മനസ്സ് മുഴുകുമ്പോൾ പരമാർത്ഥത്തെ വിസ്മരിക്കും ഈ പ്രപഞ്ചം പരമാർത്ഥം തന്നെ കാര്യത്തിന് സംശയ പക്ഷെ പ്രപഞ്ചത്തിൽ മനസ്സ് മുഴുകിയാൽ പരമാർത്ഥം വിസ്മരിച്ചു ആണ് പറയുന്നത് സത്യത്തെ പരമാർത്ഥമായിട്ട് തന്നെ അറിയുമോ നാമരൂപങ്ങളെ നാമരൂപാത്മകമായി അറിഞ്ഞാൽ അവിടെ പരമാർത്ഥം വിസ്മരിക്കും നമരൂപങ്ങളെ പരമാർത്ഥമായിട്ട് അറിഞ്ഞാൽ പിന്നെ അവിടെ ശേഷിക്കുന്നില്ല നാമരൂപങ്ങൾ ദ്വൈതം ശേഷിക്കുന്നില്ല പരമാർത്ഥമേ ശേഷിക്കുന്നുള്ളൂ അപ്പൊ ഇതിനെ രണ്ടും കൂടെ സാധ്യമല്ല നാമരൂപങ്ങളെ നാമരൂപാത്മകമായി അറിയുക പരമാർത്ഥമായി അറിയ ഇതൊരു വ്യക്തി കാലത്ത് സംഭവിക്കത്തില്ല അതുകൊണ്ട് പറയുന്നത് സത്യം പരമാർത്ഥത വിജാനാദി എങ്ങനെ ഇതം പരമാർത്ഥ സത്യം ഇതം ഇതാണ് ഈ കാണുന്ന ജഗത് പ്രപഞ്ചം നാമരൂപാത്മകമായ ഇത് പരമാർത്ഥത സത്യം കാണുന്ന രൂപത്തിലല്ല ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ അദ്വൈതത്തിലെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു ഈ നാമരൂപങ്ങളെല്ലാം പരമാർത്ഥമാണോ അല്ലയോ പരമാർത്ഥമാണോ എന്ന് പറഞ്ഞാൽ ഈ നാമരൂപാനുഭവം ഇതിനുള്ള ജനന മരണാനുഭവം ഈ ബന്ധനാനുഭവം എല്ലാം എങ്ങനെ നിൽക്കുന്നു ഇതൊക്കെയാണോ പരമാർത്ഥം ഇതല്ല പരമാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ പരമാർത്ഥമായ അറിവ് ഇതല്ലോ ആണ് പറയുന്നത് തഥ അനൃത്ഥം വികാരജാതം വാചാരംഭണ ഹിത്വ അനൃത്ഥമായ ഈ വികാരജാതം വാചാരംഭണത്തെ അവിടെ ഉപേക്ഷിക്കുന്നു സർവ വികാരാവസ്ഥ സദേവേക സത്യമിതി തതേവാധ പദ്ധതി അതും അതിവദനമാണ് അതിവാദമാണ് വചാരംഭണമായ ഈ നാമരൂപങ്ങളെ ത്യജിച്ചിട്ട് ഇതിനാണ് പറഞ്ഞത് സംസാരത്തെ ത്യജിക്കുന്നു ജന്മ മരണങ്ങളെ ത്യജിക്കുന്നു എന്നെല്ലാം പറയുന്നതാ വാചാരംഭണം വികാരജാതം ഹിത്വ സത്യമാണെങ്കിൽ പിന്നെ ഇതിനെങ്ങനെ ത്യജിക്കും അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട് പറയുന്നെങ്ങനെയാണ് സത്യമാണെങ്കിൽ എന്നിട്ട് സത്യമാണെന്ന് ഉറപ്പില്ല അങ്ങനെ സത്യമാണെങ്കിൽ എന്ന് പറയുന്നു ഇത് സത്യമാകാം എന്നേ ഉള്ളൂ സത്യവുമാകാം പക്ഷെ അനുഭവപ്പെടുന്നത് അങ്ങനെയല്ല നാം രൂപാത്മകമായിട്ടാണ് ഈ അറിവ് കൃതാർത്ഥതയ്ക്ക് ഹേതുവാകുന്നു അപ്പോൾ ഈ അനുഭവം മാമരൂപങ്ങളുടെ പരമാർത്ഥേനയുള്ള അനുഭവമില്ല അതുകൊണ്ട് ഇതിനുപേക്ഷിക്കും ഇതുപേക്ഷിച്ചേക്കാറ്റു സർവവികാരാവസ്ഥ സദേവ ഏകം സത്യം സർവ വികാരങ്ങളിലും അനുസൃതമായിരിക്കുന്ന സത്ത് ഏകം അതാണ് സത്യം എന്ന് ഇതിനെ തേജിച്ചിട്ടറിയണം ഇവിടെ സത്യേയും നിത്യേയും വേർതിരിക്കാണ് അങ്ങനെ വേർതിരിക്കാനും സർവവും പരമാർത്ഥസം എന്നറിയുന്നവനും ഇവിടെ വേർതിരിക്കാനുണ്ട് പക്ഷെ ക്ഷീര നീല വിവേകമൊന്നും പറയാറുണ്ടല്ലോ പാലിനിയും വെള്ളത്തെയും വിവേചിക്കുക ചി വിവേകം എന്നെല്ലാം പറയാറുണ്ടല്ലോ അങ്ങനെ ഒരു വിവേകമുണ്ട് അവിവേകത്തിലാണ് ഈ വജാരംഭണങ്ങളെല്ലാം തട്ടിക്കളയുന്നു തള്ളിക്കളയുന്നു സദേവ ഏകം സത്യം ഇതീ സദേവ അധ അധ പ സത്യം ഒന്ന് ബോധിച്ചിട്ട് പറയുന്നു അതാണ് മുമ്പ് പറഞ്ഞ രണ്ടാമത്തെ അധിവദനം പരമാർത്ഥത്തെ പറയുന്നു അസത്യത്തെ പറഞ്ഞാലും അധിവദനം നേരത്തെ പറഞ്ഞു ാണ് വാക്യാരംഭണം ഹിത്വ വികാരജാതം ഹിത്വ നാമരൂപങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടെന്ന് പറഞ്ഞു ഇതുവരെ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ഇത് കേൾക്കുമ്പോ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും എന്താണ് അങ്ങനെ വികാരമി സത്യമേവ ഈ വികാരങ്ങളും സത്യമാണല്ലോ അതിന്റെ അമുഖമായിട്ടാണ് ഇതുവരെ പറഞ്ഞത് വികാരം സത്യമാണല്ലോ അതല്ല പറഞ്ഞത് സർവംഖലിതം ബ്രഹ്മ ഇവിടെ ബ്രഹ്മമല്ലാതെ രണ്ടൊന്നില്ലെങ്കിൽ സത്യമല്ലാതെ പരമാർത്ഥ സത്യമല്ലാതെ രണ്ടാമതൊന്നും ഒന്നില്ലെങ്കിൽ പരമാർത്ഥത്തിൽ നിന്നുണ്ടായതെല്ലാം പരമാർത്ഥമാണെങ്കിൽ ഇതെല്ലാം സത്യമാണല്ലോ പിന്നിവിടെ പറഞ്ഞെന്താണ് വികാരജാതം വാചാരംഭണം ഹിത്വ ഇതിനെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു എന്താ ഇവിടെ ഉപേക്ഷിക്കാൻ ഉണ്ടോ രണ്ടാമത് ശ്രുതിയും പറയുന്നുണ്ട് നാമ രുവേ സത്യം താഭ്യം അയം പ്രാണന്നാണവയ സത്യം തേഴാമേശ സത്യം ശ്രുതി നേര്ട നാമരൂപേ സത്യം എന്ന് പറയുന്നു ഈ നാമരൂപങ്ങൾ സത്യമാണ് ഇവിടെ പറയുന്നത് വാചാരംഭനമാണ് വാഗാലംബനമാണ് ഉപേക്ഷിക്കുന്നത് രണ്ടും കൂടെ ശ്രുതി ഒരിടത്ത് ഒന്ന് പറയും മറ്റടത്ത് ഒന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അതിലേദിന സ്വീകരിക്കും പ്രാണന്നഹീവൻ അതിൽ അച്ഛനും ആച്ഛാദിതനായിരിക്കും ഈ നാമരൂപ സത്യത്തിൽ പ്രാണാവൈ സത്യം പ്രാണനാണ് സത്യം പറയുന്ന തേഷാം യേഷ സത്യം ഇവക്കെല്ലാം ഈ പരമാത്മാവ് സത്യമാണ് അവൻ്റെ ഇതെല്ലാം സത്യമാണ് എന്ന് ശ്രുതി പറയുന്നുണ്ട് അതുകൊണ്ട് വികാരങ്ങൾ സത്യമാണ് സത്യമുഖം സത്യത്വം ശ്രുത്യന്തിരെ വികാരസ്യ പറയുന്നത് ശരിയാണ് നമ്മുടെ രണ്ട് തലത്തിലാണ് മനസ്സിലാകാൻ ശ്രമിക്കുന്നു പരമാർത്ഥത്തിന്റെ തലം മറ്റൊന്ന് ഈ നാമരൂപങ്ങളുടെ തലത്തിൽ പരമാർത്ഥത്തിന്റെ തലത്തിൽ സത്യമായി സർവത്തെയും ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഈ നാമരൂപത്തിൻ്റെ തലത്തിൽ ഇതിനെയൊക്കെ തന്നെ സത്യമായി ഗ്രഹിക്കുക അത് ശരിയാകത്തില്ല ആ രണ്ടും തമ്മിലെ വ്യത്യാസം കാണിക്കാൻ വേണ്ടി പറയുകയാണ് ശ്രുതി എല്ലാം പറയും ജഗത് സത്യമെന്നും പറയും ബ്രഹ്മസത്യമെന്നും പറയും രണ്ടും പറയും അത് ഏത് സന്ദർഭത്തിൽ എന്ത് താൽപ്പര്യത്തിൽ പറഞ്ഞിരിക്കുന്നു മനസ്സിലാവും സത്യമുക്തം സത്യത്വശ്രുത്യെതിരെ വികാരത്തെ പറഞ്ഞിട്ടുണ്ട് ശ്രുതിക്കും മറ്റ് ശ്രുതികളിൽ വികാരം സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വരട്ടെ ഇവിടെ ശ്രുതിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തെ എടുത്തിട്ട് അത് അങ്ങനെ പറഞ്ഞു ഇതിങ്ങനെ പറഞ്ഞു വേറെടുത്ത് വേറെന്ന് പറഞ്ഞു അങ്ങനെ എടുക്കരുത് ശ്രീ ആകവേ ഉൾക്കൊള്ളണം എന്നിട്ട് എന്റെ താല്പര്യത്തെ കാണും അങ്ങനെ നോക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത് അത് പരമാർത്ഥ അപേക്ഷ മുക്തം ആ പരമാർത്ഥ സത്യത്തെ അപേക്ഷിച്ച് വികാരത്തിനും സത്യത്വം പറഞ്ഞു തന്നെ മറിച്ച് വികാരങ്ങളിൽ തന്നെ സത്യ അസത്യങ്ങളുണ്ടെന്നാണ് മറ്റൊരു തരത്തിൽ ർ ഇന്ദ്രിയ വിഷയ വിഷയത്വ അപേക്ഷം സച്ചി സത്യത്വമുക്തം സച്ച എന്ന് ശ്രുതി പറഞ്ഞു അതിനെ കുറിച്ചാണ് പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറയുന്നത് പഞ്ചഭൂതങ്ങൾ സച്ച ടെ എന്ന് പറഞ്ഞു സത് എന്ന് വെച്ചാൽ സത്യമാണെന്നാണ് അതെന്തുകൊണ്ടെങ്കിലും പറഞ്ഞു ഇന്ന് പരമാർത്ഥ അപേക്ഷ മുക്തം പരമാർത്ഥത്തെ ആശ്രയിച്ച അല്ല പറഞ്ഞത് മറിച്ച് ഇന്ദ്രിയോ അപേക്ഷ ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന ഈ വസ്തുക്കളെ ആശ്രയിച്ചിട്ടാണ് പറഞ്ഞത് ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ കണ്ടിട്ടാണ് പറഞ്ഞത് സത്യച്ചേതി സത്യമുക് സദ്വാരണിച്ച പരമാർത്ഥ സത്യസ്യ ഉപലബ്ധർ വിവക്ഷിക്ക അപ്പോ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞു ഇന്ദ്രിയ വിഷയ വിഷയത്വ അപേക്ഷ ഇന്ദ്രിയ വിഷയങ്ങളായിരിക്കുന്ന ഈ വിഷയങ്ങളെ അപേക്ഷിച്ചിട്ടാണ് പറഞ്ഞത് സച്ച തെച്ച് പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറഞ്ഞു അത് സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചഭൂതങ്ങളെ തദ്വാര എനിക്ക് പരമാർത്ഥ സത്യ ഉപലബ്ധി അത് എന്തിനു പറഞ്ഞു അതിലൂടെ പരമാർത്ഥ സത്യോപലബ്ധിക്ക് വേണ്ടിയിട്ട് ഇത് പടിപ്പടിയായി ഓരോ ഭാഗങ്ങളായി കാണിച്ചു കൊടുക്കണമെന്ന് ഹിമാലയത്തിന്റെ മേളിൽ കാണണമെന്നുള്ളതിന് നേരിട്ടവിടെ കാണാൻ പറ്റും പഞ്ചത്തിൽ സാധാരണഗതി പറ്റത്തില്ല അതിന് ഉള്ള ഉപായങ്ങളുണ്ടെങ്കിൽ പറ്റും സാധാരണഗതിയിൽ എന്താണോ അതിൻ്റെ വഴി മനസ്സിലാക്കി കൊടുക്കുന്നത് ഓരോ ഭാഗത്തൂടെ അവനെ നയിച്ച് ഹിമാലയത്തിലെ മുകളിൽ കൊണ്ടെത്തിക്കുന്നു അതിന് വഴികളുണ്ട് കാലദേശങ്ങൾക്ക് അനുരൂപമായ വഴികൾ അതുപോലെ ഇവിടെയും പരമാർത്ഥ സത്യത്തെ ഈ സത്യത്തിലൂടെ അറിയുക എന്നുള്ള രീതിയിൽ സത്യം എന്ന് ഞങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് സത്യമായതുകൊണ്ടല്ല അപ്പോൾ പരമാർത്ഥ സത്യത്തെ അറിയുന്നതിന് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് പരമാർത്ഥ സത്യ ഉപലബ്ധി പരമാർത്ഥ സത്യ ഉപലബ്ധിക്കുള്ള ഉപായമാണ് ഈ സത്യം എന്ന് പറയുന്നത് അതിന് വഴി വേണമല്ലോ മാർഗം വേണമല്ലോ അതിനു വേണ്ടിയിട്ട് ഇത്തരം ഉപാസനകൾ നിർദ്ദേശിക്കുന്നു സത്യമായിട്ടൊന്നിട്ട് അത് സത്യമല്ലെങ്കിലും അത് ബാലന്മാർക്കുള്ള ഉപദേശം പോലെ എന്ന് പറയും ഉപലാളന ബാലന്മാരുടെ ഉപദേശം ബാലന്മാരുടെ ലാളനയാണ് ഉപദേശം അങ്ങനെ അവരുപദേശിക്കാൻ പറ്റും നേരിട്ടങ്ങോട്ട് ഉപദേശിക്കാൻ പറ്റത്തില്ല അവരുപദേശിക്കുമ്പോ കള്ളം പറയാം കള്ളം പറയുന്നുള്ള ദോഷം കുട്ടികളെ ഉദാഹരണം പറയും ചൂടാവർദ്ധം അമ്മ നല്ല ആഹാരം ഒക്കെ കൊടുക്കുമ്പോൾ പറയും ഈ ആഹാരം കഴിച്ചാലേ മുടി വളർത്തുള്ളൂ ആഹാരം അതുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല ചൂടാവർധനം എന്ന് പറയുന്ന ഉപായത്തിലൂടെ കുട്ടി ആഹാരം കഴിപ്പിക്കുന്നു അതുപോലെ ഈ ഇവിടെ പറഞ്ഞ സത്യം എന്ന് പറഞ്ഞ സത്യം ആ സത്യ ഉപദേശത്തിലൂടെ ആ ഉപായത്തിലൂടെ തദ്വാരണിജ പരമാർത്ഥ സത്യ പരമാർത്ഥ സത്യ ഉപലബ്ധിക്ക് വേണ്ടി അത് പറയും അത് സത്യമല്ലെങ്കിലും അതിനെയും സത്യം എന്നു പറയും അതുകൊണ്ട് ചിലയിടത്തെ വികാരങ്ങളെയും സത്യം പറയും പരമാർത്ഥ സത്യം അതല്ലെങ്കിലും പ്രാണാവൈസത്യം ദേശാമേഷ സത്യം ഇതിചത്വം അങ്ങനെയും പറഞ്ഞു പ്രാണന്മാരാണ് സത്യം ഇന്ദ്രിയങ്ങളാണ് സത്യം ദേഷാമേഷ സത്യം അവയിലെല്ലാം ഈ പരമാത്മാവ് സത്യമാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇഹാവി തതിഷ്ടമേവ അതുപോലെ ഇവിടെയും പറയാം ഇഹതു പ്രാണവിഷയാ പരമാർത്ഥ സത്യവിജ്ഞാന അഭിമാന സദേവ സത്യം പരമാർത്ഥതോ ഭൂമാഖ്യം വിജ്ഞാപിഷ്യാമീത്യേഷ വിശേഷതോ വിവേക്ഷതോ അർത്ഥ നാരദിനെ വേഗത്തിൽ കൊണ്ടുപോവുകയാണ് നാരദിനെ കുറിച്ച് ഉപാസനെ ഉപദേശിച്ചപ്പോൾ നാരദ ഉപാസനയെ ഗ്രഹിച്ചപ്പോ തന്നെ അത് ഉപാസനയായി പിന്നെ ശ്രവിച്ച് ഗ്രഹിച്ച് രണ്ടാമത് അനുഷ്ഠിക്കാൻ ഉള്ള ഉപാസന വേണ്ടെന്നായിരുന്നു പക്ഷെ തൊട്ടടുത്ത് തന്നെ എന്ത് ചെയ്യുന്നു അതിനപ്പുറമുള്ള പരമാർത്ഥ സത്യത്തെ കാണിക്കുന്നതാണ് പ്രാണവിഷയ പരമാർത്ഥ സത്യ വിജ്ഞാനാഭിമാനാ വിത്താപ്യ പ്രാണന് സത്യമാണെന്ന് പറഞ്ഞുകൊടുത്തു അതെങ്ങനെ ബോധിച്ചു പ്രാണനത്തെ തന്നെ പരമാർത്ഥമായി ബോധിച്ചു അല്ല പ്രാണനിനുള്ള പരമാർത്ഥത്തെ ബോധിക്കുകയല്ല പാത്രത്തിനുള്ള മണ്ണിനെ ബോധിക്കുകയല്ല മറിച്ച് അത് ആ നാമരൂപങ്ങൾ തന്നെ മണ്ണൊന്ന് ബോധിക്കുക സത്യമൊന്നും ബോധിക്കുക അത് ശരിയല്ല നാമരൂപങ്ങളാണോ മണ്ണല്ല നാമം എവിടെ നിന്ന് വന്നു വാഗഇന്യത്തിൽ നിന്നും വന്നു അതാണോ മണ്ണ് അല്ലൂപം ഇവിടെ വന്നു മണ്ണിൽ പ്രകടമായതാണ് കാരണം മുമ്പ് അതില്ലായിരുന്നതുകൊണ്ട് അതും സത്യമെന്ന് എന്നാൽ ഇതെല്ലാം പ്രതീതി സത്യത്തിലല്ലേ സത്യത്തിലാണ് അതുപോലെ ആദ്യം പ്രാണൻ സത്താണെന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ ദോഷമില്ല പരമാർത്ഥ പ്രാണവിഷയാ പരമാർത്ഥ സത്യവിജ്ഞാന അഭിമാന അപ്പോ അവൾ ധരിച്ചു പോകുന്നു എനിക്കത് പിടികിട്ടി എന്താണെന്ന് ഗ്രഹിച്ചു മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് അതായത് സൂക്ഷ്മത കൊണ്ട് ചില കാര്യങ്ങളെ ഗ്രഹിക്കുമ്പോൾ ആഗ്രഹിച്ചത് പരമാർത്ഥമാണെന്ന് ഗ്രഹിച്ചു പോകാം അല്ലെങ്കിൽ അപ്പൊ ആ സൂക്ഷ്മത കൊണ്ടാണ് പരമാർത്ഥമാണെന്ന് ഗ്രഹിച്ചത് പക്ഷെ ആ ഒരു ബോധം ആഭിമാനം പെട്ടണം മിഥാപ്യ നാരദം സദൈവ സത്യം ഇതല്ല നാമരൂപാത്മകമായ ഇതല്ല നാമരൂപാധാരമായിരിക്കുന്നത് നാമരൂപാത്മകമായി പ്രകാശിക്കുന്നത് ഏതോ അത് സത്യം പരമാർത്ഥതോ അതാണ് ഭൂമാഖ്യം അതിലൂടെ പറയുന്ന പേരാണ് ഭൂമ ബ്രഹ്മം എന്ന് പറയുമ്പോൾ തന്നെ ഭൂമ വലുതു എന്നുള്ള അർത്ഥത്തിൽ സർവത്ര വ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഭൂമ എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത് സർവോപരിയായി സ്ഥിതി ചെയ്യുന്നത് സർവമഹത്വത്തോടു കൂടിയിരിക്കുന്നു അങ്ങനെയെല്ലാം പറയാം സർവബൃഹത്തായിരിക്കുന്നത് തത് വിജ്ഞാപയിഷ്യാമി അതിനെ ബോധിപ്പിക്കാം അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാരണം ഇവിടെ നുവ് പറഞ്ഞ ഉപാസനയെ കുറിച്ചാണ് പ്രാണനെയും ബ്രഹ്മമാണെന്ന് ഉപാസിക്കാൻ ആവശ്യപ്പെട്ടത് എങ്ങനെ നാമത്തെയും വാക്കിനെയും ആകാശത്തെയും ഭൂമിയേയും ജലത്തെയും എല്ലാം ഉപാസിച്ചത് പോലെ അതിനെയും ഉപാസിക്കുക അപ്പോ ശിലയെ ശിവലിംഗമായി ഉപാസിക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കണം ഈ ശില അല്ല ശിവലിംഗമൊന്ന് ശിവനെന്ന് അതാദ്യം മനസ്സിലാക്കണം ഭേദ ദൃഷ്ടികളുടെ ഉപാസന സാധ്യമാണോ ശിവനെ ശിവനായി കണ്ടാൽ അവിടെ ഉപാസനയില്ല ശിലയെ ശിലായി കണ്ടാലും ഉപാസനയില്ല ചിലണ്ണി ചിലേ ശിവനായി കണ്ടാലേ ഉപാസനയുള്ളൂ അപ്പൊ ആദ്യം എന്ത് ചെയ്യണം ചിലവേറെ ശിവൻ വേറെന്ന് അറിയണം എന്നാലും ഉപാസന സത്യമാണ് വേറിട്ടറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവം തന്നെ ഉപാസിക്കുന്നു അസത്യം എന്നറിഞ്ഞുകൊണ്ട് അസത്യത്തെ അസത്യമാർഗത്തെ ആശ്രയിച്ച് സത്യത്തിന് വേണ്ടി ഉപാസിക്കുന്നു അതാകാം അത് സംബന്ധിച്ചിട്ടുള്ളതാണ് അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത് ആദ്യം പറഞ്ഞു വാക്കിനെ ബ്രഹ്മമായി വാസിക്കുക അതാളിവിടെ ചോദ്യം വരുന്നു മനസ്സിലാക്കി പ്രാണന ബ്രഹ്മമായി അപ്പോൾ പ്രാണന ബ്രഹ്മം എന്നങ്ങ് പറഞ്ഞു ഇതെല്ലാം എന്താണ് ഈ നാമരൂപങ്ങളിൽ അന്തർഭവിക്കുന്നതാണ് ഈ നാമരൂപങ്ങളെല്ലാം ബ്രഹ്മമായിട്ട് വാസിക്കാൻ പറഞ്ഞു നാമരൂപങ്ങളാണോ ബ്രഹ്മം നാമരൂപങ്ങളെല്ലാം ഉപേക്ഷിക്കണ്ടേ അങ്ങനെയെങ്കിൽ സംസാരം തന്നെ ബ്രഹ്മം ജനനവും മരണവും തന്നെ ബ്രഹ്മം അങ്ങനെ ചിലർ പറയാറുണ്ട് തെറ്റിദ്ധരിച്ചിട്ട് ഈ പ്രപഞ്ചം തന്നെ ബ്രഹ്മം എന്റെ താല്പര്യത്തെ മനസ്സിലാക്കാതെ പറയും ഈ പ്രപഞ്ചത്തെ ബ്രഹ്മം എന്ന് പറയുന്നതിന് ദോഷമില്ല പക്ഷെ അതൊരു ഉപാസന എന്ന് പറഞ്ഞാലൊക്കെ ആയിരിക്കും തത്വകഥനമല്ല തത്വബോധമുണ്ട് അത് ഭാവനയാണ് അതുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തെ ബ്രഹ്മം ഒന്നും ഭാവന ചെയ്യാം ചില ശിവലിംഗമൊന്ന് ശിവനായി ശിവലിംഗമായിട്ട് ഭാവന ചെയ്യും പോലെ എന്നാൽ പ്രപഞ്ചം ബ്രഹ്മമാണെന്ന് പറയുന്ന തത്വകഥനവും ഉണ്ട് രണ്ടും രണ്ടായി മനസ്സിലാകും ഇനി ഈ പറയും മുമ്പ് ഒരിക്കൽ പറഞ്ഞു ഇപ്പൊ വേറെന്ന് പറയുന്നു പരസ്പര ബന്ധമില്ലാതെ പറയുന്നു എന്ന് ചിന്തിക്കും അതുകൊണ്ടാണ് ഇത് ഉപാസനാ പ്രകരണമാണ് ഉപാസനയെ കുറിച്ചാണ് മുഖ്യമായും പറയുന്നത് തുക ദിനം വരുന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നു അതുകൊണ്ട് എന്താണ് ആ പരമാർത്ഥ തത്വം ഇതുവരെ പറഞ്ഞു നാമം ബ്രഹ്മമാണ് വാക്ക് ബ്രഹ്മമാണെന്ന് പറഞ്ഞു പ്രാണൻ വരെ ബ്രഹ്മമാണെന്ന് പറഞ്ഞെങ്കിലും അത് പറഞ്ഞുകൊണ്ട് കേട്ടതുകൊണ്ട് നമ്മളെ പോലെ നാരദന് പ്രയോജനം ഉണ്ടായി അതുകൊണ്ടാണ് അടുത്ത് പരമാർത്ഥ ഭൂമാക്യം ആ ഭൂമ തത്വത്തെ ഉപദേശിച്ചുകൊടുക്കും നാരദനെ സംബന്ധിച്ച് സർവ്വശാസ്ത്രവും ഗ്രഹിച്ച ആളല്ലേ ആ തന്നെ ഏകാഗ്രതവും ശ്രവണത്തിൽ ഉപാസനയുടെ ശുണം അതിൽ തന്നെ ഉപാസനാ ഫലം അതുകൊണ്ട് തത്വബോധനത്തിന് വേണ്ടി ശ്രമിക്കുന്നു സനത് കുമാർ വിവക്ഷിതോർത്ത അവിടെ പറയുമ്പോഴും അതിന്റെ താല്പര്യം ഉണ്ടായിരുന്നു പറയുന്നാളിനറിയാമായിരുന്നെന്താണ് പ്രാണനാണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ പറയുന്നാളിനറിയാം എന്താണ് അതിന്റെ പരമാർത്ഥമായ താല്പര്യം പ്രാണൻ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവനത് മനസ്സിലാക്കില്ല കേൾക്കുന്നു മനസ്സിലാക്കിയതോ അതാ അവന്റെ ഉപാസന മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലെ ഏകാഗ്രതയുണ്ട് മനസ്സിലേകാഗ്രത ഉണ്ടെങ്കിൽ അത് ഉപാസനയുണ്ട് ഇതെല്ലാം വിട്ടിട്ട് ഏകാന്തമായ സ്ഥലത്ത് കണ്ണടച്ചിരുന്നാലേ ഉപാസനയാകുന്നുണ്ട് ഇത് ഗ്രഹിക്കുന്നത് ഉപാസന തത്വം ആദ്യത്തെ ഉപാസനയിലും ഉണ്ട് തത്വം അത് ഗ്രഹിക്കുന്നില്ലെന്നേ നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക എന്നുള്ള ഞാൻ പറഞ്ഞു നാമം ബ്രഹ്മം തന്നെ പിന്നെ ഉപാസിക്കേണ്ട ആവശ്യം എന്തോ അഗ്നിയെ അഗ്നിയായിട്ട് അറിയുകയാണെങ്കിൽ പുസ്തകത്തെ പുസ്തകമായിട്ട് എറിയുകയാണെങ്കിൽ പിന്നെ ഇതിന് പുസ്തകം ഉപാസിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അറിയാതിരിക്കുന്നിടത്തോളം കാലം ഭാവന ചെയ്യേണ്ടി ഇത് ബ്രഹ്മമല്ല പക്ഷെ ഞാൻ പറയുന്നു പുസ്തകം ബ്രഹ്മമാണ് ദീപം ബ്രഹ്മമാണ് എന്നിങ്ങനെ പറയേണ്ടി വരും അത് ഉപാസന അതിന്റെ തത്വത്തെ പറയുമ്പോ ഇവിടെ ഭൂമാശബ്ദം എന്തുകൊണ്ട് ഉപയോഗിച്ചു പറഞ്ഞു നാമത്തിൽ തുടങ്ങി പ്രാണൻ വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിച്ഛിന്നങ്ങളായ കാര്യങ്ങളാണ് അതിനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാനാണ് പറഞ്ഞപ്പോ ബ്രഹ്മവും ഇതുപോലെയുള്ള പരിച്ഛിന്നമോ അല്ലെങ്കിൽ പരിച്ഛിന്നങ്ങൾ പലത് കൂടിച്ചേർന്ന ഒരു വലുതോ അങ്ങനെയൊന്നുമല്ല ഈ പരിമിതികളെയൊന്നും ആശ്രയിക്കാത്ത വലതാണ് അതാണ് ഭൂമ എന്നുള്ള ശബ്ദവും മീൻസ് ഭൂമി എന്നുള്ള ശബ്ദത്തിലൂടെ തന്നെ ബോധിപ്പിക്കുന്നു അഭിജാനൻ സത്യം മതതി യസ്തു അഭിജാനൻ മതതി സ്വാഗ്നിയാദി ശബ്ദൻ അഗ്നിയാദീൻ പരമാർത്ഥ സൂപാൻ മന്യമാണ് വധത്തി അറിഞ്ഞല്ലേ സത്യം പറയാൻ കഴിയും അറിയാതെ പറയാൻ കഴിയത്തില്ലല്ലോ യെസ് അഭിജാൻ എന്നത് സ്വ അഗ്നിയാദി ശബ്ദയിൻ അഗ്നാദിയൻ പരമാത്മ സദ്രൂപാന്മന്യമാണോ പദ്ധതി ഇവിടെ പറയുന്നത് സച്ച തെച്ച എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ് അതിന്റെ രണ്ടെണ്ണത്തിനും പ്രത്യേകതയുണ്ട് ആകാശത്തിനും വായുവിനും മൂന്നത്തിനും പ്രത്യേകതയുണ്ട് ജലം അഗ്നി പൃഥ്വി എന്താ പ്രത്യേകത ആകാശവായുക്കൾ അമൂർത്തങ്ങളാണ് ജലം അഗ്നി പൃഥിവിത്തങ്ങളാണ് ൻ സത്യം വധതി അറിയാതെ സത്യം പറയാൻ കഴിയത്തില്ല അഗ്നാധീൻ പരമാർത്ഥ സദ്രൂപാൻ മന്യമാണോ വധതി അറിയാതെ പറയുന്ന പറയുന്നു അഗ്നി തുടങ്ങിയ ശബ്ദങ്ങളിലൂടെ അഗ്നാധീൻ പരമാർത്ഥ സദ്രൂപാൻ മന്യമാണോ പദ്ധതി അഗ്നാദികളെ പരമാർത്ഥ സ്വത്തായി കരുതിക്കൊണ്ട് പറയും നദുത്തെ രൂപത്തിലേ വ്യതിരകയാണ് പരമാർത്ഥ സന്ധി വാസ്തവത്തിൽ ഇത് മൂന്നും മൂന്ന് രൂപങ്ങളല്ലാതെ വേറിട്ടില്ല എങ്ങനെ പരമാർത്ഥത്തിൽ തേ രൂപത്തിലെ വ്യതിരകയാണ് പരമാർത്ഥസന്ധി അത് മൂന്ന് രൂപങ്ങളാണ് ഈ കാണുന്നത് അതിനെ രൂപാത്മകമായെടുത്താൽ അത് കേവല രൂപം പരമാർത്ഥാത്മകമായെടുത്ത അത് കേവലം പരമാർത്ഥം തഥാ തന്നയ സദപേക്ഷ്യവ സന്തി അതുകൊണ്ട് ഈ രൂപങ്ങൾ പൃഥി തേജോ രൂപങ്ങൾ പേക്ഷയാ നൈവസന്തി സത്തിനെ അപേക്ഷിച്ച് ആ നിലനിൽക്കില്ലെന്ന് വെച്ചാൽ സത്തിന്റെ നിലനിൽപ്പില്ല അത് സൂക്ഷ്മമായൊരു സത്തിന്റെ നിലനിൽപ്പ് നാമരൂപാത്മകമായ രൂപാധികൾക്കില്ല പക്ഷെ നാമരൂപാത്മകമായ രൂപാധികളും സത്ത് തന്നെയാണ് അതാ മനസ്സിലാക്കേണ്ടത് അതിയോ തേജസ് മൂന്നും നാമരൂപാത്മകമാണ് സത്യനെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവയ്ക്ക് നിലനിൽപ്പില്ല അസ്തിത്വമില്ല രൂപത്രയെതിരെയ്ക്കുകയാണ് എന്നാ പരമാർത്ഥ സന്ധി രൂപത്രയെ വിട്ടിട്ട് അതിന് പിന്നെ നിലനിൽപ്പില്ല അതാണ് പക്ഷേ അതിന് പരമാർത്ഥമെന്ന് അറിഞ്ഞാലോ ആ രൂപത്രയത്തോട് കൂടിയാണോ അറിയുന്നത്യത്തെ വിട്ടിട്ടാണോ അറിയുന്നത് ഇതുള്ള പ്രശ്നം രൂപത്രയത്തെ വിട്ടിട്ടാണറിയുന്നെങ്കിൽ അത് ശരി രൂപത്രയത്തോട് കൂടി കൂടിയാണറിയണമെങ്കിൽ അത് ശരിയല്ല എന്തുകൊണ്ട് രൂപ ത്രേയത്തോട് പരമാർത്ഥമല്ലാന്ന് നമ്മുടെ വ്യാവഹാരികമായ അനുഭവത്തിൽ ബോധ്യപ്പെടുന്നുണ്ടത് ഉണ്ടാകുന്ന ദശിക്കുന്നു ഇങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് തേ രൂപത്തിലെ വിതിരേഖ പരമാർത്ഥദസം ഈ പരമാർത്ഥത്തിന്റെ രൂപത്തിലെ വിദ്രക്തമായ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് രണ്ടു തരത്തിൽ പറയാം സത്യം പറയാം അസത്വം പറയാം ആ രണ്ടു പറയുന്നതിൽ ഏതാ കൂടുതൽ ശരി ഇതാണ് ഇന്നത് തേ രൂപത്തിലെ വിതിരേഖ പരമാർത്ഥ ദിവസം तथा क्यों सदपेक्ष सी सदपेक्ष नी क्यूपाणी തത്തിനെ അപേക്ഷിച്ച് ഈ രൂപങ്ങൾ നിലനിൽക്കുന്നില്ല രണ്ട് തലത്തിൽ പറയുക അവ രൂപങ്ങളെ ആശ്രയിക്കുക നിലനിൽക്കുന്നില്ല രൂപങ്ങൾ തത്തിനെ ആശ്രയിക്കുക നിലനിൽക്കുന്നില്ല രണ്ടു രീതി പറയുക ശബ്ദസ്പർശാദികളെ ആശ്രയിച്ചിട്ടാണ് ഇത് ഭൂതങ്ങൾ നിലനിൽക്കുന്നത് അതാണ് അവയുടെ രൂപം അവയോ സത്തിനപേക്ഷിച്ചാണ് നിൽക്കുന്നത് അതിന് കൂടാതവ നിലനിൽക്കുന്നില്ല പൃഥിവിന്ധത്തിലൂടെ അറിയും ജലത്ത ശീതത്തിലൂടെ അറിയും അഗ്നി ഉഷ്ണത്തിലൂടെ അറിയും വായുവിനെ സ്പർശത്തിലൂടെ അറിയുന്നു ആകാശത്തെ ശബ്ദത്തിലൂടെ അറിയുന്നു അപ്പൊ ഇതില്ലാതെ ഇതിന് നിലനിൽക്കാൻ പറ്റും ഏതൊരു മാധ്യമത്തിലൂടെയാണോ അതിനറിയുന്നത് അതില്ലാതെ അതിന് നിലനിൽക്കാൻ പറ്റത്തില്ല അവയാണെങ്കിലോ സത്തെന്നുള്ള മാധ്യമത്തിലൂടെ അറിയുന്നു അതുപോലെ സത്തിനെ ആശ്രയിക്കാതെ അവയ്ക്ക് നിലനിൽക്കാൻ വയ്യത അവിജാനൻ സത്യം നമ്മൾ അറിയാതെ സത്യം പറയാൻ പറ്റത്തില്ല അറിയുന്നവനെ സത്യം പറയുന്നുള്ളൂ അറിയാത്തും പറയുന്ന സത്യമുണ്ട് വജാനം വൈവ വിജ്ഞാസി അത് സത്യം വേണേ സത്യം വിജാനം വെ സത്യത്തെ അറിഞ്ഞാലേനെ വർണ്ണിക്കാൻ കഴിയൂ വിജയൻ എന്നിവ സത്യം മുതിർന്ന ജാത്തസത്യവിജ്ഞാനം അവിജിജ്ഞാസിതം അപ്രാർത്ഥിതന്യായത്തെ നേരത്തെ ആശയോപാസിക്കാൻ പറഞ്ഞു അതൊരു ഇവിടെയും പറയുകയാണ് ആ സത്യവിജ്ഞാനം അത് അതിനെക്കുറിച്ചുള്ള വിശേഷ ജിജ്ഞാസ കൂടാതെ അപ്രാർത്ഥിതം ന്യായത്തേ അത് മനസ്സിന്റെ അന്ധക്കണ്ണത്തിന്റെ ജിജ്ഞാസയുടെ പരിസമാപ്തിയിലാണ് അതിൽ സാധന ചതുഷ്ടയത്തെ കുറിച്ച് പറയുമ്പോൾ മുമക്ഷത്വത്തെ പ്രത്യേകിടുത്ത് പറയുന്നു മോക്ഷ അതാണ് വിജിജ്ഞാസ ഇച്ഛയാണ് പ്രാർത്ഥിതമായ ജിജ്ഞാസയില്ലാതെ ഇതറിയാനും സാധിക്കുന്നില്ല നാമ്യൂപങ്ങളെല്ലാം സത്യമായി ബോധിച്ച് കൃതാർത്ഥരാവും ഇവിടെ സത്യം മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിനെ സത്യമായി ബോധിക്കാൻ കഴിയുന്നില്ല ഇതിൽ പരമാർത്ഥ സത്യത്തെ ബോധിക്കാൻ കഴിയുന്നില്ല സത്യം ബോധിച്ചാലും അത് പരമാർത്ഥമാകുന്നില്ല എന്തുകൊണ്ട് ഇത് സത്യമാണെങ്കിൽ സർവരും അറിയുന്നില്ല എന്നും ആ ചോദ്യം ചോദിച്ചു അറിയേണ്ടതാണല്ലോ ഇത് പുസ്തകമായിരിക്കുന്നവരാണ് സർവ്വതും ഇതിന് പുസ്തകമായിട്ട് അറിയുന്നത് സർവ്വസാധാരണമായി അറിവിന് ഇത് വിഷയമാകുന്നു അതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട ദിവസമായിരുന്നുണ്ട് ഇതിനെങ്ങനെ അറിയും ഇതെല്ലാം സ്വത്തായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിനെന്തായി സത്തായിട്ടറിയാത്തത് അത്തരം ഒരു അറിവിന് ഒരു കാരണമുണ്ടതാണ് ജിജ്ഞാസ ഇവിടെ പറ്റിയിരിക്കുന്നതാണ് കാരണം എന്താണ് ഇതിനെ അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ജിജ്ഞാസ ഇനി ആവശ്യമുണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കി നാമരൂപാത്മകമായ ഇത് സത്യമായി ഗ്രഹിച്ചു കഴിഞ്ഞവിടെ ജിജ്ഞാസയ്ക്ക് സ്ഥാനം അറിവിനെ സംബന്ധിച്ചുള്ള ജിജ്ഞാസ ഒരു വസുവിനെ അറിയുന്നതുവരെയുള്ളൂ അറിഞ്ഞു കഴിഞ്ഞ പിന്നെ ജിജ്ഞാസയ്ക്ക് അവിടെ സ്ഥാനം അപ്പൊ നാമരൂപാത്മകമായ ഇതിനെ സത്യമായി അറിഞ്ഞപ്പോ സത്യത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ അവിടെ തീർന്നു ആണ് നേരത്തെ പറഞ്ഞ അ കൃത കൃത്യത വന്നു അപ്പോൾ നഷ്ടം വന്നത് പരമാർത്ഥ സത്യത്തെ കുറിച്ചുള്ള ബോധം വന്നത് അതുകൊണ്ട് ഇവിടെ പറയുന്നു അപ്രാർത്ഥിതം ഞായതേ എന്ന ഞായതേ ആ ജിജ്ഞാസ അറിയാൻ പറ്റത്തില്ല ആ ജിജ്ഞാസ ഉള്ളിൽ നിന്നുള്ള ഇവിടെ നോ പറഞ്ഞു എന്താണോ നാരദൻ പോലും അസ്ഥി ഭവ ഭൂയോ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം നിർത്തി നാടകന് എന്നുവെച്ചാൽ അവിടെ ജിജ്ഞാസ ശമിച്ചു പരമാർത്ഥത്തെ ബോധിക്കാതെ തന്നെ ജിജ്ഞാസ അപ്പോൾ ഇവിടെ ജിജ്ഞാസ ഉണ്ടാക്കിയെടുക്കാൻ ചെറിയൊരു പ്രസ്താവനയിലൂടെ അതിനാണ് ഈ പ്രസ്താവന വിഷത്വ ആധിപദ്ധതി സത്യനാധിപദ്ധതി സ്വകംഭവ സത്യേനാധിപതനീതി എന്ന് പറയുന്നു വാ ജിജ്ഞാസയ്ക്ക് വേണ്ടി ആണ് പിന്നീട് തുടർന്ന് പോകുന്നത് ഇവിടെ ഗുരുശിഷ്യ സംവാദമാണ് ആ സംവാദത്തിൽ ഗുരു ശിഷ്യന് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ശിഷ്യന് കേട്ടുകഴിഞ്ഞപ്പോ ജിജ്ഞാസ നശിച്ചു പക്ഷേ കുറെ കാര്യങ്ങൾ ബോധിച്ചെങ്കിലും അവിടെ പരമാർത്ഥ സത്യത്തെ ബോധിക്കാതെ ജിജ്ഞാസന്ന് വശിച്ചു അതുപോലെ പരമാർത്ഥ സത്യത്തെ ബോധിക്കുന്നതുവരെ ആ ജിജ്ഞാസ തുടരണം വാസ്തവത്തിലുള്ള കൃതകൃത്യത ഉണ്ടാകാതെ കൃത്യ കൃത്യതയൊന്നും ഭാവിച്ചാൽ പറ്റത്തില്ല അങ്ങനെ ഭാവിച്ചു കഴിഞ്ഞാൽ കൃതകൃത്യത ഇല്ലായ്മയും അതുപോലെ തന്നെ അനുഭവപ്പെടും അല്പം കഴിയുമ്പോൾ സംഘകൃതി നല്ല എന്ന് തനിക്ക് പോരായ്മ കൊടുക്കും ഇവിടെ അടുത്തുനി പറയും മുമ്പ് വരുന്ന ഭാഗത്ത് സ്വന്തം യജമാനനാകുക അതാണ് ഇതുകൊണ്ട് സാധിക്കേണ്ടത് ഭൂമിയെ കുറിച്ച് പറയുന്ന പറയും സ്വന്തം തൻ്റെ തന്നെ ചക്രവർത്തിയാകുക സാധാരണ പഴയ രീതിയിൽ പറയുന്നൊരു ചക്രവർത്തി ഉണ്ടാകും അവിടെ പ്രജകളും ഉണ്ടാകും പ്രജവേരെ ചക്രവർത്തി പേരെ ഇവിടെതല്ല സ്വയം താൻ തന്നെ ചക്രവർത്തിയാകുന്നു അതല്ല വീണ്ടും താൻ പ്രജയാണെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ജിജ്ഞാസ ശമിച്ചിട്ടില്ല അവിടെ അനുഭവപ്പെട്ട കൃതാർത്ഥത പൂർണ്ണം അല്ല അതുകൊണ്ട് ഇവിടെ നാരദനും ജിജ്ഞാസ തേടുന്നെങ്കിലും വീണ്ടും ആ ജിജ്ഞാസ ഉണർത്തുന്നു അങ്ങനെ കുറച്ച് കഴിയുമ്പോ നാരദന വീണ്ടും ജിജ്ഞാസ ഉണ്ടാവും കാരണം ദുഃഖനാശം വന്നിട്ടില്ലല്ലോ ഭഗവാൻ ശോഹസ്യ പാരം താര എന്നെ ദുഃഖത്തിന്റെ മറുതരെ കടത്തുന്നു എന്ന് പറഞ്ഞാണല്ലോ സമീപിച്ചത് അതിങ്ങനെ ദുഃഖത്തിന്റെ മുറുകരെ കിടക്കാതിരുന്നാൽ അങ്ങനെ ശരിയാകും അതുകൊണ്ട് വിജ്ഞാനം ദ്വീവ വിജിജ്ഞാസവ്യം പറയുന്നു പോരാതുവരെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് ഇനി എന്തെങ്കിലും ഉപാസിക്കാനുണ്ടോ എന്ന് ചോദിച്ചു ഉപാസനയെക്കുറിച്ച് മനസ്സിലാക്കി പക്ഷെ ആ വിജ്ഞാനത്തെ ഇനി അറിയാൻ ശേഷിക്കുന്നു ദൈവം വിജ്ഞാനം ഭഗവിജിജ്ഞാസ വിജ്ഞാനത്തെ അറിയണം ഇത് ഓരോതിനെ കുറിച്ചും പറയും വിജ്ഞാനിജ്ഞാസിതവ്യ വിജ്ഞാനം ഭഗവി ജിജ്ഞാസ അടുത്ത് പറയും മധ്യസ്ഥയോ വിജിജ്ഞാസിതവ്യ ശ്രദ്ധാം ഭഗവു ജിജ്ഞാസ നിഷ്ഠാം ഭഗവിജിജ്ഞാസ ഓരോതിനെ കുറിച്ചും പറയും ഏവൻ സത്യാധീനാംശ ഉത്തരോത്തരാണാം കരോത്യന്താനാം പൂർവ്വപൂർവ്വ ഹേതുത്വം ഇനി പറയുന്ന ഓരോന്നിനും പരസ്പരം കാര്യകാരണഭാവമുണ്ട് മുമ്പിൽ പറയുന്നതിന് കാരണമായിരിക്കും പിന്നീട് വരുന്നത് ഇവിടെ സത്യത്തിൽ തുടങ്ങിയാണ് സത്യം പറയണമെങ്കിൽ സത്യം അറിയണം അങ്ങനെയാണ് ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം വരുന്നത് ഞാൻ സത്യം പറയാമെന്ന് പറഞ്ഞാൽ പോരാ സത്യത്തെ അറിയണം സത്യത്തെ അറിഞ്ഞാ പോലെ സത്യത്തെ പറയുമേ രണ്ടും ഇവിടെ എന്താണ് പരമാവർത്വ സത്യത്തെ അറിയുന്നു അറിഞ്ഞിട്ട് പരമാർത്ഥ സത്യത്തെ പറയുന്നു അതാണ് പൂർവ്വപൂർവ്വത്തിന് ഉത്തരം ഉത്തരം കാരണമെന്ന് പറയുന്നു ഇവിടെ അതിനെ പരമാർത്ഥമായി ബന്ധപ്പെടുപ്പിക്കുന്നു എന്നുള്ളൂ വ്യാവഹാരികമായ സത്യമാണ് നാരദൻ സ്വയം കൃതാർത്ഥനായി എന്ന് കരുതി ഉപാസനമുണ്ടെങ്കിലും അതായിട്ടില്ല കാരണം ഉപാസന കൊണ്ട് ആർക്കും കൃതാർത്ഥത സാധ്യമാകത്തില്ല തത്വജ്ഞാനം കൊണ്ടേ സാധ്യമാ അതും പരമാർത്ഥ സത്യഞ്ജ്ഞാനം കൊണ്ട് ഉപാസിക്കുന്നതും അനർത്ഥത്തെ ആശ്രയിച്ചു ഉപാസനമുള്ള വെറു ചിലയെ ആശ്രയിച്ചു ഉപാസനകൾ മുമ്പ് നിർദ്ദേശിച്ചത് പരിച്ഛിന്നമായ ഓരോന്നും ഉപാസനക്ക് വേണ്ടി നിർദ്ദേശിച്ചത് പരമാർത്ഥത്തിലുള്ള ഭൂമ തന്നെയാണ് ആ ഭൂമിയിൽ തന്നെയാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് ഇതിനെല്ലാം ആശ്രയിച്ചുള്ള ഉപാസനകളും ആത്യന്തികമായി ആ ഭൂമിയുടെ തത്വത്തെ ഗ്രഹിക്കാനാണ് എന്നുള്ളതിവിടെ ഒന്നുകൂടി ബോധിപ്പിക്കുകയാണ് നാലതിന് സത്യത്തെയും സത്യവദനത്തെയും സത്യവിജ്ഞാനത്തെയും കുറിച്ച് പറഞ്ഞതുപോലെ ഇനി ഓരോന്നിനെ കുറിച്ചും അടുത്തു പറയും